എന്നാൽ ആ രണ്ടു പേരും പാപത്തിന് അർഹരായവരാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് അവകാശപ്പെട്ടവരിൽ നിന്നുള്ള മറ്റ് രണ്ടു പേർ അവരുടെ സ്ഥാനത്ത് വരണം അവർ അള്ളാഹുസുബാനഹുവത്ത് ആലായുടെ നാമത്തിൽ സത്യം ചെയ്യണം ഞങ്ങളുടെ സാക്ഷ്യം അവരുടെ സാക്ഷ്യത്തേക്കാൾ സത്യസന്ധമാണ് ഞങ്ങൾ അതിക്രമം ചെയ്തിട്ടുമില്ല അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ അക്രമികളായിത്തീരും